മസ്ജിരൽ ഹറാമിൽ വെച്ച് നിങ്ങൾ കരാറു ചെയ്തവരൊഴികെ ബഹുദൈവ വിശ്വാസികൾക്ക് അല്ലാഹുസുബഹാനഹൂവത്തായാലായായുടെയും അവന്റെ റസൂലിന്റെയും അടുക്കൽ എങ്ങനെ കരാറുണ്ടാകും അവർ നിങ്ങളോട് നീതി പുലർത്തുന്നിടത്തോളം നിങ്ങൾ അവരോടും നീതി പുലർത്തുക തീർച്ചയായും അല്ലാഹുസുബഹാനഹൂവത്തായാല സൂക്ഷ്മത പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു